സത്യനിഷേധികൾ സംഘങ്ങളായി നരകത്തിലേക്ക് ഓടിക്കപ്പെടും അവർ അവിടെ എത്തുമ്പോൾ അതിൻറെ കവാടങ്ങൾ തുറക്കപ്പെടും അവിടത്തെ കാവൽക്കാർ അവരോട് ചോദിക്കും നിങ്ങളുടെ രക്ഷിതാവിന്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് ഓതിത്തരികയും നിങ്ങളുടെ ഈ ദിവസത്തെ കൂടിക്കാഴ്ചയെക്കുറിച്ച് നിങ്ങളെ മുന്നറിയിപ്പ് നൽകുകയും ചെയ്ത ദൂതന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് വന്നിരുന്നില്ലേ അവർ പറയും വന്നിരുന്നു എന്നാൽ സത്യനിഷേധികൾക്ക് ശിക്ഷാവിധി അനിവാര്യമായി തീർന്നിരിക്കുന്നു